അളവറ്റരുളാളനും നികുടയോനുമാകിയ അല്ലാഹുവരായി ഇവത്തിനു വസനങ്ങളാകും നബിയേ ഉം മീത് ഉം ഇറവം ഇരുന്ന് അരുളപ്പെട്ടുള്ള ഇത് ഉണ്മയകും എനും മനുഷ്യൻ പെരുമ്പാലോർ ഇമ്പേദത്തെ അരുളിയ അല്ലാ എത്താൽ അവൻ വാനങ്ങളെ തൂണിന്യേ ഉയർത്തിള അവ പാർക്കീൻ പിന്ന അവൻ മീത് തൻ ആക്ഷിയെ നിലനാട്ടിനും അവനേ സൂര്യനെയും ചന്ദ്രനെയും തൻകാരത്തു വയ്ത്ത ഇവ അനത്തും കുറിപ്പിട്ടേ നടന്നു വരുക അവനേ എല്ലാ കാര്യത്തെയും നിർവഹിക്കുന്ന ഉൾപ്പെതായി ഉറതികൊള്ളും പൊരുട്ട് അവൻ ഇവൻ വസനങ്ങളെ വിളക്ക് അവൻ എത്തൻ്റെ അവനേ ഭൂമിയെ വരിച്ച് ഉള്ള മലകളെയും ആറുകളെയും ഉണ്ടാക്കിയ കനിവർഗത്തിലും ഇരുന്നോളികളെ ഉണ്ടാക്കിയ അവനെ ഇരവൽ മൂടുകാൻ നിശ്ചയമാവിൽ സിദ്ധി മക്കൾക്ക് പല അത്താക്ഷികൾക്കും ഭൂമിയെ ഇണന്താപോല പല പകുതി അത് അവാക്ഷെ തോട്ടങ്ങളെയും വിളനിലെയും കിളളും കിളാതുമായ പേരീച്ച വർഗത്തെയും അവനെ ഉണ്ടാക്കിയ ഇവ അനു ഒരേ തന്നീർ കൊണ്ട് തന്നെ പാഴ്ചപ്പെട്ടാലും അവലവറ്റിലവറ്റൈവിടെ സാം മേന്മയാക്കിയിരിക്കും നിശ്ചയമാവിൽ ഉണർന്ന് അറിയും മക്കൾക്ക് പല അത്താക്ഷികൾക്ക അവം നമ്പയേ എന്ന് നബിയേർപ്പെടുകൾ നിങ്ങൾ മറിാവിട്ടു പുതിയ പഠിക്കപ്പെടുവോ ഇതെവിടെ ആശയമാണേ ഇവർ താൻ തങ്ങളുടെ ഇരവനെയേ നിരാകരിപ്പവുമായി ആകെ മറിയ കഴുത്ത് വിലങ്ങടപ്പെടും ഇവർ നരകവാസികളെ ആവാര ഇവർ അതിൽ എന്തെങ്കിലും ഇരുപ്പേ നന്മർ തീമയ കൊണ്ടുവരുമാർ ഉമ്മസരപ്പെടുത്തുക നിശ്ചയമാക്ക തണ്ടാരണമായ നികച്ച നടന്നേക്കിവൻ മനുതൃ പാവങ്ങൾക്കാ മുന്നിപ്പവനാ ഉം ഇവൻ നിശ്ചയമാടുമയ ഇന്നും നബിയേ ഉം പറ്റിയപ്പോർ അവരുടെ ഇവനം ഇറങ്ങി നാം വരും അത്താക്ഷി ഇറക്കപ്പെടാമെന്ന് കൂടുതലാൽ നീർ അച്ചമൂട്ടി എച്ചവരേ ആവീല ഒരാക്കും ഒരു നേർവഴികാട്ടി ഉണ്ട് ഒര് പെണ്ണും ഗർപ്പത്തിൽ സമർന്നു കൊണ്ടിരിക്കും ഗർപ്പ പൈകൾ കുറേ അവരി അല്ലാഹ് കങ്കറിവാണ് അവനടം അളവ് എല്ലാവറ്റി രഹസ്യത്തെയും പരഹസ്യത്തെയും അവൻ നനറിന്വൻ അവൻ മികവും മികവും ഉയർന്നവൻ എവരും തൻ പേ രഹസ്യമാറിനാലും അവനുക്ക് സമേ ആകും ഇരവിൽ മറന്നിരുപ്പവനും പകലിൽ ബഹിരംഗമാ നടപ്പവനും എല്ലാവരും അവനുക്ക് സമമേ മനുക്ക് മുൻ പിന്നാലും തുടർന്ന് വരക്കൂടി മലക്കുകൾക്ക അല്ലാഹുവൻ കട്ടളയാൾ അവർ അവനെ പാക ഒരു സമുദായത്തവരും തന്നിലയെ താമേ മാറ്റിക്കൊള്ളാത്തവരെയും അല്ലാഹ് അവയും അല്ലാ ഒരു സമുദായത്താർക്ക് തീവിനയെ നാടിൽ അതെ തടുപ്പവർ എല്ലേ അവർക്ക് അവനെ തവര തുണോർ എവരും ഇല്ല അവൻ എത്ര അച്ചത്തെയും അതേ നേരത്തിൽ മഴക്ക് ആദരവെയും തരക്കൂടി നിലയിൽ മിന്നലയ അവൻതാട്ടുക കനത്ത മേഘത്തെയും അവനേ മേലും ഇടി അവൻ പുഴ കൊണ്ടും മലക്ക് അവനെ അഞ്ചിയും അവനെ തസ്ബീതിക്കുന്ന അവനേ ഇടികളെ വിഴച്ചു അവരെ താൻ നാടിയവരെ താക്ക് ഇവ്വാതും അവർ അല്ലാഹവപ്പറ്റി പക്കിക്കനോ മികു വല്ലമായി ഉടയവനായി ഉണ്മയാന അഴൈപ്പ് പ്രാർത്ഥന അവനുക്കേ പുതിയതാകും എവർ അവനെ അന്വേഷണ അഴിക്കുന്നോ അവർക്ക് ഉദാഹരണം തന്നീർ തൻ വായിക്കു താണയായി വരിച്ച് ഏണ്ടി കൊണ്ട് ഇരുപനെപ്പോലെ ഇവൻ അല്ലാതെ അത് വായ അടാ ഇന്നും കാപ്രാർത്ഥ വഴികേട്ടിൽ ഇരുപ്പതേ തവരില്ല വാനങ്ങളിലും ഭൂമിയും ഇരുപ്പവയെല്ലാം വരുമ്പിയോ വരുമ്പലോ അല്ലാഹുക്കേജൂത് പണി കിഴലുകളും അവിതാ ചെയ്യുന്ന വളങ്ങൾക്കും ഭൂമിക്കും ഇവൻ യാർ കേ അവൻ അല്ലാഹാൻ കൂറും അവനെ അന്തി വേറെ ദൈവങ്ങളെ രക്ഷകളായി എടുത്തൊളുക അവ നന്മയും തീമയും ചെയ്തു കൊള്ള സക്തിവയായി കുരുടനും പാർവയവനും സമമാവാള അല്ലെങ്കിൽ ഒളിയും സമമാകുമാ അല്ലെ ഇവർ ഇണയാക്കി കൊണ്ടിരിക്കും ദൈവങ്ങൾ അല്ലാ പഠത്തിൽ എതയും പഠിത്ത അപ്പടി ഇത് യാര് പഠപ്പ് എന്ന് അവഴം ഏർപ്പെട്ടിരിക്കാം അവർ ഉറദിയാ കൂറും അല്ലാഹേ എല്ലാ പൊരുക്കളെയും പഠിക്ക അനത്തെയും അടക്കി ആളവൻ അവൻതാൻ വാനത്തിലിരുന്ന് മഴയെ ഇറക്കിനാണ് അപ്പാൽ ഓടുകൾ അവറ്റിൽ അളവ് തക്കപടി നീരെ കൊണ്ട് ഓടുക അവളം നുരയെ സുമുണ്ട് ചെലകുന്നത് ഇവറെ ആഭരണമോ അല്ലെ വേറെ സാമുണ്ട് ചെയ്യവോ ഉലോകങ്ങളെ നെരുപ്പിൽ വയ്ക്ക് ഉറക്കും പോകും അതേപോലെ നുരെയുണ്ടാകുന്നത് ഇവർ സത്യത്തും അസത്യത്തും അല്ലാഹ് ഊമകൂണ്ടാഴു നുരെയ പയനെട്ടതാൽ അഴിന്ന് പോയി വിടുക ആണോ മനുഷ്യർക്ക് പയനിക്കൂടിയോ ഭൂമിയത് ഇവരുടെ കട്ടളിക്കൊളോ അവ നന്മയാകും ഇന്നും അവയോ അവൂമിയുള്ള അത്തു അതേ പോന്നൊരു ഭാഗമും ഇരുന്ന് മറണയിൽ വേദനയിലിന് തപ്പിത്ത് കൊള്ള അവല്ലാം മീറ്റ്പ്പൊരു കൊടുത്തുവിടവേ വരുമ്പോൾ ആണോ ഇത് പയനെ അളിക്കാതെ അവർക്ക് കെൽവിണക്ക് മികവും കഠിന അവർ തങ്കുമിടം നരകമേ ആകും അത് മികൾ ഉം അറിയാപോലാവ ഇവേദത്തിന് മൂലം അറിവ് നല്ലുപദേശം കെവാര അവർ എത്തോർന്നാൽ അല്ലാതെ വിടം ചെയ്ത വാക്ക് മുഴമയായ നെവേറ്റ് ഉപയത്ത് വിടവു മാറ്റി അവർ എത്തുകയോർ എന്നാൽ അല്ലാ എത് സേർത്തു വയ്ക്കും കട്ടളയിട്ടോ അത് സേർത്തുവരണം ഇന്നും അവർ തം ഇറവനുക്ക് അഞ്ചുവ മറുമായി നാളിൽ കടുമയാണ് കേൾവികണക്കെ കുറിത്തും ഭയപ്പെടുവീന്നും അവർ എത്തുകയോർ എന്താ തന്ന ഇറവനൊരുത്തേ പൊറമയ കൈപിടിപ്പൊഴുകെയും നിലനിർത്തുവ അതിലിന് രഹസ്യമാവും ബഹിരംഗമാവും നന്മുറയിൽ സെലുര നന്മയെ കൊണ്ടേ തീമയ തടുത്തക്കൊണ്ടു ഇത്തോക്കേ മറമയിൽ സുവനവതി എന്നും നല്ല വീട് നിലയാണ് അതും ഇവർ തന്നെയിൽ ഇവരുടെ മനവിമാർ കളിൽ ഇവർ സന്തതിയറിൽ സന്മാർക്കത്തു ഇസൈന്ന് യാ നടന്നുകളോ അവൾ ഒര് വായിൽ വഴിയാ ഇവകളും വരുവാര നിങ്ങൾ പൊറമയ കൈപിടിത്ത സലാമ ഉൾ മീത് സലാം ഉണ്ടാവിയ മികവും നല്ലതായ കൂടുവാര അല്ലാഹുവിടം അടുത്ത മുറിച്ച് വിടോ ഇന്നും അല്ലാഹ് സേർത്ത് വെക്ക വേണ്ടിയതെ പ്രിത്ത് വിടുകൂമിയ പ്രസാദ് വിഷമം ചെയ്തോ അത്തോക്ക് സാപന്താ ഇന്നും അവർക്ക് മിക കെട്ട വീടും അല്ലാ താൻ നാടിയവർക്ക് സമ്പത്തെ വിശാലമാക്കുകാടിയവർക്ക് അളവിട്ടും കൊടുക്കുന്ന അവർ ഇവഴയിൽ മഹിഴ്ചി അടുകയോ മറുപടി ഒപ്പിട്ടാൽ മികവും അർത്ഥമേ അഞ്ചി ഇവർക്ക് ഇവരുടെ ഇറവരിടം ഇന്ന് ഓർ അത്താക്ഷി ഇറക്കി വയ്ക്കട കൂടാതെ നിരാകരിപ്പോർ കൂടു കബിയേർ കൂറും നിശ്ചയമാവരെ വഴികടശാന് ോ അോർക്ക് നേർവഴികൾ അവർ എത്തോർദ്ദേമൻ കൊണ്ടവശ്ശ നൂർ അവയങ്ങൾ അമിതിപ്പെട്ട അല്ലാഹുവ നിലവുകൂർ കൊണ്ട് ധ്യാനത്താലും ഇതയങ്ങൾ അമിതി വരുക അറിഞ്ഞുകൊളക ഈമാൻ കൊണ്ട കർമ്മങ്ങൾ പുരുകോ അവ ഇന്നും മുടി അഴകിയും ഉണ്ട് നബിയേ നാം ഉമ്മ ഇവ ഒരു അനുഭവി വെച്ചോ ഇവർക്ക് മുൻ പല കൂട്ടത്തിനു നിശ്ചയമാറിവിത്തോമോ അതെ ഇവർക്ക് ഓദി കാണിപ്പം അനപ്പിനോ ആനാ ഇവകളോ അഹ്മാൻ എന്നും അരുൾമിക്ക ഇവനെയേ നിരാകരിക്കും ഇല്ല അവൻ മീതേ നീഴ്ചയും നിശ്ചയമാൻ മലകളെ നഗരുംപടി അല്ലെ കൊണ്ട് ഭൂമിയെ തുണ്ട് തുണ്ടാക്കിനും അല്ലത് അതെ കൊണ്ട് ഇറങ്ങവടി ചെയ്യപ്പെട്ടാലും വിശ്വാസം കൊള്ളവേ മാറ്റാ ആയിനും എല്ലാ കാര്യങ്ങളും അല്ലാഹുക്കേ ഉറിയനെ അല്ലാ നാടി മനുഷ്യൻ അനുവദിക്കും നേർവഴി കാട്ടി അറിയാരി പോരെ അവലുകൾ കാരണമാകും അല്ലെങ്കിൽ അവരുടെ ഇരുപ്പിടങ്ങൾക്ക് സമീപമാകും അക്കേട് സംഭവിത്ത് ഉൾപ്പെട്ടി കുറിച്ച് അല്ലാഹുവിയേ തീരും നിശ്ചയമാൻ മാറാൻ നബിയേ നിശ്ചയമാ പരിഹസിക്കപ്പെട്ടവർക്ക് പിടിച്ച് കൊണ്ടേ അവർ ആത്മാ സമ്പാദിക്കും ഒന്നും നനു അറിവൻ അവനല്ലവ അപ്പം അവർ അല്ലാകൂത്ത് ഇണൈകളെ ഏർപ്പെടുത്തുക നവിയേ നീർ കൂറും അവർ കളുങ്ങൾ അല്ല ഭൂമിയുള്ള അവൻ അറിയാതവത്തെ അവനു അറിവിക്കുന്ന കൂടുവത് വരും വാർത്തകളും നിരാകരിപ്പവർക്ക് അവരുടെ സൂക്ഷികൾ അഴകാ കാണിക്കപ്പെട്ടുള്ള തടുക്കപ്പെട്ടും വിട്ട അല്ലാ വഴി എടുക്കാൻ അവരെ നേർവഴിയും എവരും ഇല്ല അവനാ മറുപടി നിശ്ചയമാടയും വേദനയോ മികവും കഠിനമാണോ അല്ലാഹുവിടം ഇരുന്ന് അവപ്പാർ എം ഇല്ലവർക്ക് വാക്ക സുവനപതിലരുവികൾ എന്തും ഓടിക്കൊണ്ടിരിക്കും ആകാരമും നിലയാണ് ഭയഭക്തി ഉടയോരൻ മുടി കാളി മുടിവോ നരകനെടുപ്പേ ആകും എവർക്ക് നാം മുന്നർ വേദത്തെ അളിത്തോമോ അവർ നബിയേ ഉം മീത് ഇറക്കപ്പെട്ട ഇവേദത്തെ പറ്റി മഹിവാ എനും ഇത പകുതികളെ മറക്കുന്നവുകളും അവരുടെ കൂട്ടത്തിൽ അവക്കി നാം ഏവപ്പെട്ടതെല്ലാം അല്ലാ ഒരുവനെയേ വഴങ്ങ വേണ്ട അവനുക്ക് എതയും എവനെയും ഇണൈവിക്കൂടാ എങ്ങൾ അവൻ പക്കമേ അഴക്കിടൻ അവൻ പാളേ എൻ മീഴിയും ഇരിക്കുന്നത് എന്ന് നബിയേ കൂടുവീരാണ് നബിയേ ഇവറെ അരബി മൊഴിയിൽ സട്ടതി കൊണ്ടരായി ഇവേദത്തെ നാം ഇറക്കി വയ്ത്തോ ए, युं, युं ും അവർ പറ്റിനാൽ അല്ലാഹുവിടം ഉമ്മ രക്ഷി ഉറ്റ ഉളരോ പാതുവലരോ എവരും ഉമുക്ക് കിടക്കമാട്ടേ നിശ്ചയമാണും നാം തൂതി വനവിയരെയും സന്തോഷും എന്തരും അല്ലാഹുവിൻ അനുമതിയില്ലാമ എന്ത് അറ്റാക്ഷിയെയും കൊണ്ടുവന്നതില്ല ും തവണ എഴുതപ്പെട്ടുള്ളത് താൻ ആടിയതായി അതിലിരുന്ന് അല്ലാ അഴിത്ത് വിടുവാന് താൻ ആടിയതായി അതിൽ നിലത്തിരുക്കും അവനെ ഉമ്മുൽ കിതാ മൂല പതിവേടും നബിയേ അവ നാം വാക്കിൽ ചിലതായി ഉം വാളിലേയെ ഉം കണ്ണാൽ കാണുംപടി ചെയ്താലും അല്ലെ അതക്കുന്നേ നാം ഉമ്മ കൈപ്പറ്റി കൊണ്ടാലും അതെപ്പറ്റി നീർ അവർപ്പതുതാണ് നമ്മുടെ അറുഗുളിലെ പടിപ്പട കുറത്തു വരുമ്പ അവർ പാർക്കില്ല അല്ലാഹേ തീർപ്പളിപ്പവൻ അവൻ തീർപ്പ് തള്ളി വെപ്പോർ എവരും ഇല്ലേ അവൻ കേൾ മികവും തീവ്രമാണിയേ ഇവർക്ക് മുൻ ഇരുന്നവുകളും ഇവറെ പല സൂക്ഷികളെല്ലാ സൂക്ഷികളിൽ മുടി അല്ലാഹുവിടമേണ്ട അവൻ നനു അറിവാണ് നല്ല വീട് ഉറിയത് എന്തെ കാത്തിൽ അറിഞ്ഞുകൊള്ളവർ നബിയേർ ഇവനാൽ അനുപ്പെറ്റ തൂതർ അല്ലർ എന്ന് കാപ്രൾക്കും ഉണ്ടെന്നും ഇടയേ സാക്ഷിയാ അല്ലാഹുവും വേദം യടം ഇരിക്കോ അവതുമായവർ എന്റെ കൂറിവിടുവീരുക